പരസ്പരം ഏറ്റുമുട്ടിയ രണ്ട് സൈന്യങ്ങളിൽ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ടായിട്ടുണ്ട് ഒരു സംഘം അള്ളാഹുസുബഹാനഹു വച്ചായാലായുടെ മാർഗത്തിൽ പോരാടുന്നവരും മറ്റൊന്ന് സത്യനിഷേധികളുമാണ് അവർ സ്വന്തം കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ അവരെ തങ്ങളുടെ ഇരട്ടിയായി കണ്ടു അള്ളാഹു സുബഹാനഹുവറ്റായാല താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ സഹായം നൽകുന്നു തീർച്ചയായും അതിൽ വിവേകശാലികൾക്കൊരു പാഠമുണ്ട്